അവർ തങ്ങളുടെ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങിയപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് അളവു നൽകുന്നതിൽ നിന്ന് തടയപ്പെട്ടിരിക്കുന്നു അതിനാൽ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളോടൊപ്പം അയച്ചാലും ഞങ്ങൾ അളവ് വാങ്ങും തീർച്ചയായും ഞങ്ങൾ അവനെ സംരക്ഷിക്കുന്നവരാകും